ഈ ഉള്ളവനെ ഉപദേശിച്ച് അവിടുത്തെ നിർമ്മമമായ ആ സത്യം എന്നിലേക്ക് പകർന്ന് എന്നെ അവിടുത്തെ പാതാരവിന്ദിൽ ചേർക്കണമേ വീണ്ടും അങ്ങയ്ക്ക് മുന്നിൽ ഞാനിതാ ഒരു നിവേദനം സമർപ്പിക്കുകയാണ് അല്ലയോ ഭഗവൻ ദൈവമേ പ്രകാശരൂപനായവനെ ചരാന്തർഭൂതമായിരുന്നു പ്രകാശിച്ച് ബോധസ്വരൂപനായിരിക്കുന്നവനെ നനയ്ക്ക അവിടുന്ന് അറിയുക നീയും ഞാനും ഒന്ന് തന്നെ എൻ്റെ ഭ്രമമൊക്കെ പോയിരിക്കുന്നു നീയും ഞാനും ഒന്ന് അങ്ങും ഞാനും ഒന്നു തന്നെയാണ് ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇതാണ് എനിക്കറിയേണ്ടത് എനിക്ക് നിന്നിലെത്തണം നിന്നിൽ നിന്ന് വേറിട്ട നിന്നെ മറന്നുള്ള വിഷയഭ്രമത്തിൽ പെട്ടുള്ള ഈ ജീവിതം എന്നെ നശിപ്പിച്ചിരിക്കുന്നു എന്നെ ദുഃഖിയാക്കിയിരിക്കുന്നു ഒരു ദുഃഖമേ എനിക്കുള്ളൂ അത് നിന്നെ വിട്ടതിൻ്റെ ദുഃഖമാണ് നിന്നിലേക്ക് എത്തിയാൽ ഞാൻ സുഖിയാണ് നിന്നിലെത്തുമ്പോഴാണ് ഞാൻ സുഖിക്കുന്നതെല്ലാം കേൾക്കാൻ സുഖമാണെങ്കിലും സുഖം ഭഗവാനിലാണെന്നെങ്ങനെയാ തെളിവ് ആനന്ദമായിരിക്കുന്ന വേളയിലൊരു മനുഷ്യൻ അവൻ്റെ ചുഛക്തിയെ വിഷയാകാരമായി ഭ്രമിപ്പിച്ചാൽ സംഘർഷമായി ആ വിഷയം തീർന്നാൽ വീണ്ടും അവൻ ശാന്തനായി അവൻ അത്രയും സഞ്ചരിച്ച സംഘർഷം ശാന്തിയോട് ചേർത്ത് വെച്ച് വിഷയമാണ് ശാന്തി എന്ന് തെറ്റിദ്ധരിക്കുന്നതായി ഇതാണ് ഈ പ്രപഞ്ചം ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ ചിങ്ങമാസായി ഓണം വന്നു പ്ലാവിലൊരു ചക്ക കിടക്കുകയാണ് വേറെ എങ്ങുമില്ല അത് പ്ലാവിൻ്റെ എങ്ങ് തുഞ്ചത്താണ് കിടക്കുന്നത് ഒറ്റച്ചക്കയുള്ളൂ ഓണത്തിന് ചക്ക ചേർത്തൊരവിയൽ വയ്ക്കുക അസുലഭമായി കിട്ടിയ ഭാഗ്യമാണെന്ന് കരുതി ഇതിടുമ്പോ ആരെങ്കിലും വന്നാൽ ഒരു പങ്ക് കൊടുക്കണം ചെറിയ ചക്കയാണ് ഇടുന്ന സമയത്ത് ആരെങ്കിലും വന്നാൽ ഒരു പങ്കു കൊടുക്കണം ആ ചക്ക കണ്ണിൽപ്പെട്ട നിമിഷം മുതൽ നിങ്ങൾക്കുള്ളത് ശാന്തിയാണോ അശാന്തിയാണോ ഏ എനിക്ക് തിരിയാത്ത വിധത്തിലാണ് നിങ്ങൾ പറയുന്നത് ശാന്തി നിന്നും വായിക്കാം അശാന്തി നിന്നും വായിക്കാം അശാന്തിയാണ് അല്ലേ കാരണം എങ്ങനെ ഇടും ആരിട്ട് തരും ആരെയും കാണുന്നില്ലല്ലോ എന്തു ചെയ്യും ആ നിങ്ങളുടെ ബോധം പരിണമിച്ചപ്പോൾ ബോധം ബോധമല്ലാതായി ചക്കയായി ഇനി ചക്ക ബോധമൊന്ന് തീരുന്നവരെ അശാന്തിയാണ് ഒന്നുകിൽ അതരിഞ്ഞ് കൂട്ടി ആ കഴിക്കുന്ന ഒരു നിമിഷം ചക്കബോധം പോയി അശാന്തി തീർന്നു അത് കഴിഞ്ഞപ്പോഴേക്ക് ചക്കബോധം ദഹിച്ച് ഗ്യാസായി പതിവില്ലാത്ത സമയത്ത് കഴിച്ചാൽ വീണ്ടും അശാന്തിയായി അപ്പോൾ ഈ ചക്കയിൽ നിങ്ങളുടെ ബോധം എത്തിയത് മുതൽ നിങ്ങൾ അശാന്തിയിലാണ് ഇപ്പോൾ ഒരു തോട്ടി കെട്ടി അശാന്തി തീർക്കാൻ ചക്കയിടാൻ തോട്ടി കെട്ടി പൊക്കി എത്തുന്നില്ല വീണ്ടും അശാന്തിയായി വീണ്ടും അതിലൊരു കമ്പ് വച്ചിട്ടി അതപ്പോൾ റാ പോലായി അതൊരു തരത്തിൽ നിവർത്തി താഴെ ചെന്ന് നിന്നപ്പോൾ ഒരു മൂന്നടിയും കൂടെ പൊക്കം വേണം ഒരു മേശ പിടിച്ചുകൊണ്ടിട്ട് അതേ കയറി ഈ സമയത്തൊക്കെയുള്ള അശാന്തി മറിയാം കാല് ഒടിയാം ഇതൊക്കെ ഉണ്ട് ഒടുവിലിത് ഇട്ടുകൊണ്ടുവന്ന് ഇട്ടപ്പോൾ കൃത്യം തല വീഴാം താഴെ എന്നാണ് ഇടന്ന് എത്തിക്കാൻ വേണ്ടി ഇതൊക്കെ കൊണ്ടുവന്ന് ഒരു തരത്തിൽ ഇതരിഞ്ഞ് ചക്ക ഉപ്പേരിയാക്കി ഇത്രയും പണിക്കിടയിൽ അശാന്തി മാത്ര വഴി ഉപ്പേരി ആയിക്കഴിഞ്ഞപ്പോൾ ബോധം ചക്കയിൽ നിന്ന് പിൻവലിഞ്ഞു പുതുതായി എന്തെങ്കിലും കിട്ടിയോ ചക്ക കാണുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ബോധം എത്തിയതാണോ അതല്ല ചക്ക പുതുതായി വല്ലതും തന്നോ ചക്കപ്പണി കഴിഞ്ഞപ്പോൾ ബോധം പഴയ പോലായി അപ്പോൾ ഇങ്ങനെ ഒരു വിഷയമായി ഉയരുക വീണ്ടും അത് പഴയ അവസ്ഥയിലെത്തുക ഉയർന്ന് കഴിഞ്ഞുള്ള ബോധം തീരുമ്പോൾ ഉയർന്നതിനെ ഇല്ലാതാക്കിയത് ഈ വിഷയമാണെന്ന് തെറ്റിദ്ധരിക്കുക ഇതിൽ കിടന്നാ ഈ ലോകം കറങ്ങുന്നത് വിവരമുള്ളവൻ ആലോചിക്കും മുമ്പ് ഈ ചക്കയില്ലാത്തപ്പോൾ എത്ര സുഖമായിരുന്നു നമ്മൾ പഠിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത് നേരെ തിരിച്ചാൽ ഓരോന്നിനും സാധനങ്ങൾ കൊണ്ട് സംതൃപ്തമാകാമെന്ന് ഏരിച്ചാണ് ഓടുന്നത് അവസാനം ഇതെല്ലാം കൂടിയാണ് നമ്മളെ കൊടുക്കുന്നത് പണ്ടാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് മകൻ ചെരുപ്പ് തേച്ച് കഴുകുന്ന കണ്ടാൽ കറന്നൊരു ചോദിക്കും ഇത്ര നേരമായിട്ട് ആ ചെരുപ്പ് നിന്നെ അസ്വസ്ഥമാക്കുന്നു അതില്ലാതൊന്ന് നടന്നാൽ എത്ര സുഖമുണ്ട് നിങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോവുകയാണ് ഗുരുവായൂരോ പഴനിയിലോ ഒക്കെ പോയാൽ പഠിക്കൽ ചെരുപ്പിട്ടേച്ചാണ് പോയി നിൽക്കുന്നത് തൊഴുമ്പോൾ ചെരുപ്പിനെയാണോ തൊഴുന്നേ ഭഗവാനെ ആയിരിക്കുമോ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും എന്നോർത്താണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ പണ്ട് കാരണന്നമാർ പറഞ്ഞു കൊടുക്കുക മോനെ ഏതൊന്നും കൂടി വേണ്ട എന്ന് വയ്ക്കുമ്പോഴാണ് നീ തൃപ്തനാവുക ഈ കപ്പൽ മുങ്ങാൻ നേരത്ത് എസ് ഒ എസ് വന്നാൽ ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇതിനകത്തെ സാധനങ്ങൾ എടുത്ത് കടലിലേക്ക് എറിയുന്നൊരു സമയമുണ്ട് കാരണം ഈ ഭാരം കുറച്ച് എത്താനുള്ള ശ്രമമാണ് ഇങ്ങനെ ഇതെല്ലാം വലിച്ചു കയറ്റി വലിച്ചു കയറ്റി ഇതിൻ്റെ ഒരു വാട്ടർമാർക്കുണ്ട് കപ്പലിൻ്റെ ഒരു വാട്ടർമാർക്കുണ്ട് അത് കിടക്കുമ്പോഴോ അതുമല്ലെങ്കിലൊരു തുളവീഴുമ്പോഴോ ഇത് മുങ്ങും എന്ന് തോന്നിയാൽ ഒരു വേളെ അക്കരെ എത്താൻ ഇത് കളഞ്ഞാ മതി എന്ന് തോന്നിയാൽ വലിച്ചെറിയുന്നത് പോലെ എപ്പോഴാണോ ഈ ഭാരമെല്ലാം ഒന്ന് വലിച്ചെറിയുന്നത് അപ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് യഥാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ തേവം അവിജ്ഞായ ദുഃഖശാന്തോ ഭവിഷ്യതി എന്നീ ദുഃഖം അവസാനിക്കും മനുഷ്യ നീ പുറം ലോകത്തേക്ക് നോക്കി പോയാൽ എന്ന് തോൽപ്പായ പോലെ വിശാലമായി ലോകം ചുരുട്ടി നീ കക്ഷത്തിൽ വെക്കുന്നുവോ അന്ന് നീ ശാന്തനാവും നടക്കുവോ ഈ വിശ്വം തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്തിൽ വെക്കുക മറ്റൊരു വഴിയും ഉപനിഷത്ത് പറയും ബുദ്ധിമാനായവൻ പ്രത്യേകാത്മാവിനെ കണ്ടിട്ട് ഇതെല്ലാം വലിച്ചെറിയും ഏതൊന്നുകൂടി വേണ്ട വേണം എന്ന് തോന്നുന്ന നിമിഷം മുതൽ എന്താണ് അസ്വസ്ഥയാ അതെനിക്ക് വേണ്ടതെന്ന് തീരുമാനിച്ചു നോക്കിയേ സുഖമായി എതിർച്ചയാ വന്നു വന്നോട്ടെ ഞാൻ ഇവിടുന്ന് ഇളകാൻ തയ്യാറല്ല എത്ര വേണ്ട എന്ന് വയ്ക്കുന്നുവോ അത്രയും സുഖമാണ് അത് നോക്കിയാൽ അറിയാം ഈ കുട്ടിക്കാലത്ത് നോക്കിയാലറിയാം ചോറ് വിളമ്പു പോകും അമ്മ ഈ കൂട്ടാനൊക്കെ കൊണ്ടിരുന്ന സമയത്ത് ഒരുത്തനെ ആർത്തി കൂടും കുറെ കൂടെ വിളമ്പോ പറഞ്ഞ് ബഹളമൊക്കെ അപ്പോൾ അമ്മയുടെ പ്രകൃതി കയറിട്ട് പറയുന്നത് നിനക്ക് മാത്രം തന്നാൽ മതിയോ എല്ലാവർക്കും കൊടുക്കണ്ടേ അത് മതി അപ്പോൾ അവനെ നേരത്തെ കണ്ടിട്ട് അമ്മ ഒരു കാര്യം ചെയ്യും ആദ്യം ഒരു ഒരു അരസ്പൂൺ വിളമ്പും അപ്പോഴേക്കും ഇവൻ കോപിച്ച് വശാവുമ്പോൾ ഒരു സ്പൂണൂടെ കൊടുക്കും ഞാൻ നാല് പ്രാവശ്യമായി വിളമ്പോത്തു അമ്മയും നാല് പ്രാവശ്യം വിളമ്പ് ചെയ്ത് മറ്റവനൊരു പ്രാവശ്യം വിളമ്പാൻ പോകുന്ന സാധനം തന്നെയാണ് അമ്മയും മോശമല്ല അപ്പം അമ്മയോനും നാല് പ്രാവശ്യം ഇട്ടുകൊടുത്തു പിന്നെ അതാണ് ദേഷ്യപ്പെട്ടുമായിട്ട് കൊടുക്കുന്നത് മറ്റവന് വിളമ്പുമ്പോൾ സൗമ്യമായിട്ടൊരു ഒറ്റ വിളമ്പാണ് അതിവന് കൊടുത്തതിനേക്കാൾ അല്പം കൂടുതലുണ്ടാവും അവനത് ചോറ് കൊണ്ട് മൂടിയിട്ട് അമ്മ പോയി ബാക്കി കറി എടുത്തു വരുമ്പോൾ അവന് വിളമ്പി എന്നുള്ളത് അറിയില്ല അതാണ് അതിൻ്റെ രസം ഇവന് വിളമ്പിയതൊക്കെ അമ്മയ്ക്കറിയാം മൂന്ന് പ്രാവശ്യം വിളമ്പി നാല് പ്രാവശ്യം വിളമ്പി നിനക്ക് ഞാൻ തന്നതാണ് മറ്റവന് തന്നോ തന്നില്ലയോ എന്ന അമ്മയ്ക്ക് തന്നെ സംശയമുണ്ട് അപ്പോൾ അവനൊരു കാര്യം ചെയ്യും ചോറ് മാന്തി ഈ കൊടുത്ത ആഹാരം മൂടിയിട്ടിട്ട് അവൻ അമ്മ രണ്ടാമത് മറ്റേ പലഹാരം കൊണ്ടുവന്ന് വിളമ്പുന്ന സമയത്ത് ഇതമ്മ കാണാതിരിക്കുമ്പോൾ ഞാൻ നിനക്ക് തന്നില്ല മറന്നുപോയില്ലെന്ന് ചോദിച്ച് അവൻ ചോദിക്കണ്ട അമ്മ കൊണ്ടൊന്ന് ഒന്നുകൂടെ വിളമ്പും തന്നായിരുന്നു ഞാൻ കഴിച്ചായിരുന്നു അമ്മയെന്ന് അവൻ സത്യവും ചിലപ്പോൾ പറയും കഴിച്ചിട്ടില്ല മൂടിയിട്ടിരിക്കുക പക്ഷെ അമ്മ ഒന്നുകൂടെ അപ്പോൾ ഇവനീ രണ്ടാമത് വിളമ്പിയതും ആദ്യം വിളമ്പിയതും കൂടെ മറ്റവൻ്റെ ഇലയിലേക്ക് അമ്മ മാറിപ്പോകുമ്പോൾ അവൻ കൊടുത്താൽ അവൻ്റെ ആർത്തിയും ആ പരാക്രമവും കണ്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ അവനേക്കാൾ പരാക്രമത്തിൽ ഇപ്പുറത്ത് നിന്ന് പോയാൽ കുട്ടിക്കാലത്ത് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബിംബമാണ് കാരണം ഏതൊന്നും വേണ്ട എന്ന് അങ്ങ് വിചാരിച്ചാൽ വല്ലാത്തൊരു സുഖമാണ് ഏതൊന്നും കൂടെ കിട്ടണം എന്നാഗ്രഹിച്ചാൽ അതീവ ദുഃഖമാണ് വിദ്യാഭ്യാസം അതായിരുന്നിരുന്നെങ്കിൽ ഇന്ന് നാം വളരെ ഉയരങ്ങളിലെത്തിയനെ പക്ഷെ നമ്മൾ ഏതൊക്കെ കൂടെ കിട്ടും എന്നുള്ളതിൻ്റെ ഓട്ടത്തിലാണ് അതുകൊണ്ടായി ദുഃഖം മുഴുവൻ അതുകൊണ്ട് എനിക്കൊന്നേ വേണ്ടു ഇതൊന്നും വേണ്ട എനിക്ക് വേണ്ടത് നീയും ഞാനും ഒന്ന് തന്നെയെന്ന് ഒരറിവ് കൈവരണം അതൊഴിഞ്ഞ് ഒന്നും എനിക്ക് വേണ്ട ഹേ ഭഗവൻ അവിടുന്ന് അറിയുക നീയും ഞാനും ഒന്നു തന്നെ എന്ന് കൈവരുന്നതിന്നിത് എന്ന് ആ ഞാനും നീയും ഒന്നു തന്നെയെന്ന് അനുഭവിക്കണമെന്നല്ലാതെ അല്ലയോ ദൈവമേ അങ്ങ് അറിയുക നീയും ഞാനും ഒന്ന് തന്നെ എന്ന് കൈവരുന്നതിന്ന് ഇത് എന്നി എന്നീ എന്നി അതല്ലാതെ ഞാനും നീയും ഒന്ന് തന്നെയാണെന്നല്ലാതെ വേറെ ആഗ്രഹം കാക്ഷിതം അടിയനില്ല എനിക്കില്ല എനിക്കൊറ്റ ആഗ്രഹമേ ജീവിതത്തിലുള്ളൂ നീ ഞാനും ഒന്നാണ് അതറിയണം അത് കൈവരുന്നതല്ലാത്ത ഒരാഗ്രഹവും നീയും ഞാനും ഒന്ന് തന്നെയെന്ന് അനുഭവിക്കണമെന്നല്ലാതെ ആ അനുഭൂതി കൈവരണമെന്നല്ലാതെ ഈ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും വേണമെന്ന് എനിക്കൊരാഗ്രഹമില്ല മറ്റുമുള്ളതൊക്കെ വേറെ കാമങ്ങൾ ഇഹത്തിലും പരത്തിലുമുള്ള വേറെ ആഗ്രഹങ്ങളെല്ലാം ഇഹത്തിലെ ആഗ്രഹങ്ങൾ പരത്തിലെ ആഗ്രഹങ്ങൾ സ്വർഗാദി ആഗ്രഹങ്ങൾ ഇഹ പരകളിലെ ആഗ്രഹങ്ങളാണ് വിവേകത്തിന് തടസ്സം വൈരാഗ്യത്തിന് തടസ്സം ഇഹ അമുത്ര ഭലഭോഗ വിരാഗത നിത്യ അനിത്യ വസ്തുവിവേക നിത്യവും അനിത്യവും തിരിച്ചറിഞ്ഞു ആദ്യ ഭാഗത്ത് നിത്യം അനിത്യമാണ് ജഗത് ഈ ആയുസ് നഷ്ടപ്പെടുന്നു അനിത്യമാണ് ഈ ജഗത്ത് ഈ ജീവിതം തന്നെ അനിത്യമാണ് അങ് നിത്യനാണ് നിത്യനായ അവിടുന്ന് വിവേകം കൊണ്ട് ഞാൻ അറിഞ്ഞു വിരാഗതയ്ക്ക് ഈ ലോകത്തിലോ പരലോകത്തിലോ ഉള്ള ഇവിടെ എവിടെയാണ് പരലോകമെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങും ഇങ്ങുമായി മാനസിക ലോകങ്ങളിലും ജനിമരണങ്ങളുടെ ലോകങ്ങളിലും സ്വർഗാദി ലോകങ്ങളിലും സങ്കൽപോക്കലോകമാണ് ആ സങ്കല്പത്തിനും അനുഭവമുണ്ട് അത്രൈഷ ദേവ സ്വപ്നേ മഹീമാനം അനുഭവതി യദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി ശ്രുതം ശ്രുതമേവ അനുശണോതി ദേശദിഗന്ധരച്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സച്ച സച്ച സർവം പശ്യതി സർവഹ പശ്യതി സ്വപ്നവും ലോകമാണ് ആ ലോകവും ഗംഭീരമാണ് സ്വപ്നത്തിൽ വറയ്ക്കും സ്വപ്നത്തിൽ വയർക്കും സ്വപ്നത്തിൽ തല്ലുകൊള്ളും ഇപ്പം സങ്കല്പ ലോകങ്ങളും അനുഭവം തന്നെയാണ് മുമ്പ് ഒരു കുഴിയിലേക്കും മറിഞ്ഞു വീഴണത് പെട്ടെന്ന് ഓർമ്മ വന്നാൽ അന്ന് ശരീരത്തിനുണ്ടായ ഭാവതലങ്ങളെല്ലാം ഇന്നും ഉണ്ടാവും വേർക്കും മുഖം ചുക്കിച്ചുളിയും വിറയുണ്ടാവും രോമാഞ്ചമുണ്ടാവും ഒക്കെ കാണിക്കും മറ്റൊരാളെ ഇതാ ഇപ്പോഴും എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു ഞാൻ അന്ന് പെട്ടുപോയത് സാധനമൊന്നുമില്ല എന്നും നിലനിൽക്കത് അപ്പോൾ അത്ര വലിയ ലോകങ്ങളുണ്ട് ഇപ്പോൾ മാനസിക ലോകങ്ങൾ ഈ ലോകങ്ങളെല്ലാം അപ്പോൾ അങ്ങല്ലാതെ വേറൊന്ന് എനിക്ക് വേണ്ട അടിയനില്ല ശൈവമൊന്നൊഴിഞ്ഞ് ശിവമല്ലാതെ മറ്റുമുള്ളതൊക്കെ വേറെ കാമങ്ങൾ ഇഹത്തിലും പരത്തിലുമുള്ള കാമങ്ങൾ അങ്ങുമിങ്ങുമായി വലഞ്ഞുഴന്നിടുന്ന വഴി ജനിമരണങ്ങൾ ഉണ്ടാക്കി വലയുന്ന വഴിയാണ് അതെല്ലാം ജനനവും മരണവും ഉണ്ടാക്കുന്ന വഴിയാണ് അതും നനക്കിൽ നീ ആലോചിച്ചു നോക്കിയാൽ അതും നീ തന്നെ നീയല്ലാതെ വേറെ ഏതാ ആ കാമവും കൂടി നീയാണ് ഭഗവൻ ആ നിലയിൽ നിന്നെ കിട്ടിയാൽ പിന്നെ ഇതെല്ലാം കിട്ടിയില്ലേ പിന്നെന്തിനാ വേറിട്ട് വെണ്ണയുണ്ടെങ്കിൽ നറുനൈ വേറിട്ട് കരുതേണമോ വിദ്യയുള്ളവന് വേറെ വസ്തുക്കൾ കയ്യിൽ കരുതണോ എന്നൊക്കെ പണ്ട് ചോദിക്കുന്നത് ഈ അർത്ഥത്തിലാണ് ഈശ്വരനായ അവിടുന്നും അടിയനും ഒരേ ബ്രഹ്മവസ്തു എന്ന് തന്നെ അനുഭവിച്ചറിയുകയല്ലാതെ മറ്റൊന്നും എനിക്കില്ലെന്ന് ഹേ ഭഗവാൻ അവിടുന്ന് മനസ്സിലാക്കിയാലും എനിക്ക് ഈ ലോകത്തിലെ ഒന്നും തരണ്ട നജികേതസ് പറഞ്ഞ പോലെ തൃത്യഗീതേ യമൻ വന്ന് പറഞ്ഞു നൃത്തങ്ങൾ ഗീതങ്ങൾ അബ്സരസുകൾ സ്വരസുന്ദരിമാർ സ്വത്ത് പശു എല്ലാം പറഞ്ഞു നജികേതസ് അതിനൊന്നും കുലുങ്ങിയില്ല നജികേതസ് പറഞ്ഞു തവൈവവാഹാസ്തവ നൃത്യഗീതേ അങ്ങയോടൊപ്പം ഇരിക്കട്ടെ ദൃഷ്ടനഷ്ടങ്ങളെന്ന് അങ്ങ് പറഞ്ഞ ഇതൊന്നും എനിക്ക് വേണ്ട എനിക്കാ ഉദരം ഉപാസിക്കുന്നത് മാത്രം കിട്ടിയാൽ മതി അഖണ്ഡ ബോധത്തെ ഉപാസിക്കുവാൻ പോന്ന അനാഹതചക്രത്തിലെ ഉപാസന കഠം കാമുതൽ ഠാവര അക്ഷരങ്ങൾ നിറച്ച അനാഹതത്തിലെ ആ താമരയിൽ വിരിഞ്ഞു നിൽക്കുന്ന അങ്കുഷ്ടമാത്രനായ പുരുഷനെ മാത്രം മതി ജന ഒന്നും വേണ്ട അതൊക്കെ അങ്ങയോടെ പോയിരിക്കട്ടെ അതുപോലെ പ്രാർത്ഥിക്കുകയാണ് കടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഞാനും അവിടുന്നും ഒരേ ബ്രഹ്മവസ്തു എന്ന അനുഭവിച്ചറിയുകയല്ലാതെ മറ്റൊന്നും എനിക്കില്ലെന്ന് അവിടുന്ന് അറിഞ്ഞാലും ശൈവമായ ഭഗവാൻ ആ പരമസത്യമല്ലാതെ സ്വർഗാദികളെ കാമിക്കുന്നതൊക്കെ ജനിമരണങ്ങൾക്കിടയാക്കുന്നതും പലമാതിരി ദുഃഖങ്ങളിൽ പതിക്കാൻ ഇടവരുത്തുന്നതും ആണ് ഒന്ന് ആലോചിച്ചാൽ അതുമൊക്കെ അങ്ങയുടെ ലീലാവിലാസമാണ് അങ്ങയെ കിട്ടിയാൽ പിന്നെ വേറിട്ടെന്തിന് ഈ ലോകം ഇപ്പം ചിലർ ധ്യാനിക്കുന്നത് ബ്രഹ്മജ്ഞാനത്തിനാണ് അതിന് നിരോധവും ഏകാഗ്രതയുമാണ് വഴി യോഗശാസ്ത്രം അങ്ങനെയാ പറയാം ഈശ്വരപ്രണിധാനാത് വ ഈശ്വരപ്രണിധാനാത് വ എന്താണ് ഈശ്വരൻ പ്രണവ തസ്യവാചക അതെങ്ങനെയാണ് സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി അങ്ങനെയാ ദൃഢഭൂമിയിലെത്തുന്നത് സു അതാകട്ടെ ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢൂമി നമ്മളിടക്കിടയ്ക്ക് മാത്രം ഇത് സേവിക്കുകയുള്ളൂ എവിടെയെങ്കിലും ഒരു സത്സംഗമൊക്കെ ഉണ്ടെങ്കിൽ പോയി കുറച്ച് നേരം ഇരിക്കും ഇത് കഴിഞ്ഞ് നേരെ പോയി സീരിയലിലേക്കിരിക്കും അപ്പോൾ അത് ദൃഢഭൂമിയിൽ എത്തുകയില്ല കാരണം ഇതിനെ മറ്റത് മുക്കിക്കളയും ഇത് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടനെ ഒരു വനിത വാങ്ങിച്ചുകൊണ്ട് പോകും പണ്ട് വനിത എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദമാണ് അല്ലേ വനിത എന്ന് പറയുന്ന പദത്തിനൊരു നല്ല അർത്ഥമുണ്ട് ഗൃഹലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവളൊരു ലക്ഷ്മിയാണ് ഇങ്ങനെ മനോഹരമായ പേരുകളൊക്കെ ഇട്ട് പുറത്തെഴുതിയ പേരിന് ചേരാത്തതൊക്കെ അകത്ത് നിറച്ച് പേര് കണ്ടാണല്ലോ ആളുകൾ വാങ്ങിക്കുന്നത് പഴയ കാലത്ത് നിന്നാൽ അടുക്കളയിൽ നിന്ന് ഒരു കപ്പ് കാപ്പിയുമായിട്ട് വരുന്നൊരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിച്ചാൽ നിത്യവും ചായ കുടിച്ചൊക്കെ സുഖമായിട്ട് ജീവിക്കാം ഇപ്പോഴാണെ ഇവിടെ കൊണ്ടുപോയി എവിടെന്നെങ്കിലും ഏതെങ്കിലുമൊക്കെ വെച്ച് കെട്ടി ഈ പുറമൊക്കെ കണ്ട് കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞാൽ ആള് മാറി അതുകൊണ്ട് കൊണ്ടുവന്നേ അന്ന് മുതൽ അവസാനം വരെ കുളിക്കാതിരുന്നാൽ ഈ മോടിയൊക്കെ ഉണ്ടാവും ഈ പുറമേയുള്ള മോടിയായി കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ പോലെ പുറത്ത് പോകുമ്പോൾ ഇപ്പം താഴെ പെട്ടിക്കടയിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിക്കും എന്നാ ഇതൊക്കെ കേട്ടു ഗുരുദേവൻ്റെ ഒരു പുസ്തകം വാങ്ങിച്ചേക്കാം ഓ അതിത് മതി കേട്ടില്ലേ ഇനിയിപ്പോൾ അടുത്ത കൊല്ലം സദാശിവദർശനം പതിവായിട്ട് ഒന്ന് ചൊല്ലി നോക്കണം ഇതോടെ വച്ചേച്ചു പോകരുത് എന്നിട്ട് ഇത് ഉറക്കണം ദീർഘകാല നൈരന്തര്യ സേവനം അങ്ങനെ പൂജിക്കണം അപ്പം അവർ സേവിക്കുന്നതാണ് എന്നാൽ ചിലരാകട്ടെ ഈശ്വരനെ ഉപാസിക്കുന്നത് കാമനകൾക്കു വേണ്ടിയാണ് ഈശ്വരൻ അത് തരണം ഇത് തരണം അതും തരും പ്രാർത്ഥിച്ചാൽ അതും തരും പക്ഷെ പ്രാർത്ഥിച്ച് കിട്ടിക്കഴിഞ്ഞ് ദുഃഖിക്കുമ്പോഴേക്കും അങ്ങനെ ചിത്രം വിളിക്കരുത് നിങ്ങൾ പ്രാർത്ഥിച്ച് മേടിച്ചതാണ് അതിൽ ചെന്ന് പഠിക്കലിരുന്ന് പ്രാർത്ഥിച്ച് അതിനുള്ള വഴിപാടുകളുമൊക്കെ നേർന്ന് ഒരു മോനെ വേണമെന്ന് പറഞ്ഞു മോനെ കൊടുത്തു അപ്പം അവൻ ഇട്ടത്തിട്ട് ഇടിക്കുക അപ്പോഴാണ് ഭഗവാനെ ചീത്ത വിളിക്കുന്നത് നിങ്ങൾ ചോദിച്ചത് ഇതാണ് ഭഗവാൻ എന്ന് പറഞ്ഞു നിങ്ങൾ ചോദിച്ചത് തന്നു അപ്പം ഇങ്ങനെ ചോദിച്ചൊക്കെ അത് അങ്ങേരുടെ ലീലയാണ് മേടിച്ചു കഴിഞ്ഞത് നിങ്ങൾക്ക് ഭാരവും അതിന് മേടിക്കുന്നതിന് മുമ്പ് ഏത് വേണമെന്ന് ഭഗവാനെ തന്നെ വേണോ വിഭൂതികൾ വേണോ ചിലര് വിഭൂതികൾക്കാണ് പ്രാർത്ഥിക്കുന്നത് ഒരു കൊച്ചു ഭഗവാനാവാൻ അങ്ങേരെ കിട്ടിയാൽ വേണ്ട അങ്ങേരുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ വിഭൂതിയൊന്നും കാണിക്കുകയും വേണ്ട വിഭൂതി കാണിക്കാൻ അങ്ങേരവിടെ ഇരിപ്പുണ്ടല്ലോ അങ്ങേര് കാണിക്കുന്ന വിഭൂതിയാണല്ലോ ഇതെല്ലാം ഇനി ഇതിനകത്ത് നമ്മൾ കയറിയൊരു വിഭൂതിയും കൂടെ കാണിക്കേണ്ട കാര്യമില്ല അങ്ങേര് കാണിക്കുമ്പോൾ ഇത് ഭൂതി പരിപൂർണമാണ് അങ്ങേരുടെ ഐശ്വര്യമായ ഇതെല്ലാം അത് വളരെ അത്ഭുതാവഹമാണ് വളരെ വലിയ അത്ഭുതങ്ങളാണ് അങ്ങേര് കാണിക്കുന്നത് ചിങ്ങത്തിലും കന്നിയിലും വരെ മഴ പെയ്യുക അപ്പൊ അതിൻ്റെ ഒരു ചെറുത് കിട്ടിയാൽ ഒരു ജലധാര പ്രവർത്തിപ്പിച്ച് എങ്കിലും നമുക്കങ്ങവരുടെ കഴിവുണ്ടെന്നൊന്ന് കാണിക്കുക ഇപ്പം അദ്ദേഹത്തിന് ഈ വിഭൂതികളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു അല്പം കിട്ടാനാണ് ജലം ഉപാസിക്കുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് പോവും മറ്റത് പോകില്ല മറ്റത് നിത്യ അദ്ദേഹം രൂപമെടുത്ത് വന്നിട്ടില്ലാത്തതുകൊണ്ട് മരിക്കില്ല എല്ലാം അദ്ദേഹത്തിൻ്റെ രൂപമാണ് നമ്മൾ ഒരു രൂപത്തിൽ ഇരുന്നു കൊണ്ട് കാണിക്കുന്നതുകൊണ്ട് നമ്മൾ മരിക്കും അപ്പോൾ നമ്മുടെ ഭക്തന്മാരൊക്കെ കൂടെ കരയും ഈശ്വരൻ മരിച്ചു എന്ന് പറഞ്ഞു എൻ്റെ ഭക്തന്മാരോടൊക്കെ പറഞ്ഞു ഞാൻ ഈശ്വരനാണെന്ന് ഇത് കഴിഞ്ഞ് എന്നെ സമാധിയിരുത്താൻ നേരത്ത് അല്ലെങ്കിൽ മരിച്ചു കുഴിച്ചിടാൻ നേരത്ത് അവിടെ കൂടിയവരെല്ലാം കൂടെ പറയും ഈശ്വരൻ മരിച്ചു പോയി മരിക്കുന്നത് ഈശ്വരൻ പറഞ്ഞു കൊടുക്കരുത് ബോധം ഈശ്വരനാണെന്നും അത് ഏകമാണെന്നും ശരീരമുള്ള ഞാൻ ഈശ്വരൻ അല്ലെന്നും ഈ ശരീരം ഞാൻ ഒരിക്കൽ വെടിയുമെന്നും അത് കണ്ട് നിങ്ങളെല്ലാം കൂടെ ഈശ്വരൻ മരിച്ചുവെന്ന് നിന്ദിക്കാൻ ഇടവരരുത് അതുകൊണ്ട് ഞാൻ ഈശ്വരൻ അല്ലെന്ന് തന്നെ അറിയണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ വളരെ അപകടമാണ് സഹിക്കില്ല ഇങ്ങനെ ഈശ്വരൻ ഒരുപാട് പ്രാവശ്യം മരിച്ചിട്ടുണ്ട് നമ്മുടെ ബോധത്തിൽ ഇങ്ങനെയൊക്കെ മരിച്ചിട്ടും പിന്നെയും പിന്നെയും ഈശ്വരന്മാർ ജനിക്കുന്നുണ്ട് ജനിച്ച് മരിക്കുന്നതൊന്നും ഈശ്വരനല്ല ഈശ്വരന് ജനിമരണങ്ങളുമില്ല അതുകൊണ്ട് ചിലര് ധ്യാനിക്കുന്നത് അതിനാണ് പരമാത്മഭാവത്തിന് ശിവനെ ഏകാഗ്രത ഭജിച്ച് ശിവലോകമെത്തുക അതിന് സ്വർഗാദി സുഖങ്ങളെല്ലാം ക്ഷണഭങ്കുരമാണെന്നറിയുക അത് ജനിമരണങ്ങളുടെ ലോകമാണെന്നറിയുക അതുകൊണ്ട് ഈശ്വര എനിക്ക് നീയൊഴിഞ്ഞ് വേറൊന്നും വേണ്ട